അതു മനസ്സിലാക്കുന്നതിൽ നിന്നും അവരുടെ ഹൃദയങ്ങൾക്കു മേൽ നാം മൂടി മൂടിവെച്ചു അവരുടെ കാതുകളിൽ നാം ഭാരവും ഉണ്ടാക്കി കുർആാനിൽ താങ്കൾ തൻറെ രക്ഷിതാവിനെ ഏകനായി സ്മരിക്കുമ്പോൾ അവർ വെറുപ്പോടെ പുറന്തിരിഞ്ഞു